ഭൂമിയിലുള്ള അഹങ്കാരവും മോശമായ തന്ത്രങ്ങളുമാണത് മോശമായ തന്ത്രങ്ങൾ അതിന്റെ ഉടമസ്ഥരെയല്ലാതെ മറ്റാരെയും ബാധിക്കുകയില്ല മുൻഗാമികളുടെ രീതിയല്ലാതെ മറ്റെന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലാഹു സുബഹാനുഹൂവറ്റ ആലയുടെ രീതിയിൽ മാറ്റം വരുത്തുന്നത് നീ കാണുകയില്ല അള്ളാഹുസുബഹാനുഹൂവറ്റ ആലയുടെ രീതിക്കു മാറ്റം വരുത്തുന്നത് നീ കാണുകയുമില്ല